ശൂന്യവാദികൾക്ക് എന്താണ് ഭാവനികാരം പറയുന്നത് ഒരു സത്യമായ ഒന്നുണ്ടെങ്കിലേ അതില് സത്യമായ ബ്രഹ്മ ഉണ്ടെങ്കില് അസത്യമായ പ്രപഞ്ചം നിലനിൽക്കത്തും അപ്പോ തദഭാവേ അധിഷ്ഠാനി അനുപത്തി സത്യമായൊരു അധിഷ്ഠാനം ഇല്ലെങ്കിൽ അസത്യമായ ഈ പ്രപഞ്ചം കാണത്തില്ല എന്നാണ് പറയുന്നത് അതിന് ഒന്നുകൂടി അതിനൊരു ബലം കൊടുക്കാൻ വേണ്ടി പറയുന്നത് ശൂന്യത ശൂന്യവാദിനാമഭി ശൂന്യതായവ സത്യം ശൂന്യവാദികളും ശൂന്യതയെ സത്യമായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത് ചെലവറിയില്ല അല്ല ശൂന്യമാണ് ശൂന്യെന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നു ശൂന്യത്തിലാണ് ഈ പ്രപഞ്ചം അപ്പോ ശൂന്യം സത്യമാണെന്നാണ് പറയുന്നത് പ്രപഞ്ചത്തിന് ആധാരമായിട്ട് ശൂന്യതയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ ശൂന്യതയെ സത്യമായി സ്വീകരിക്കേണ്ടി അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഭാമധികാരം മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത് എങ്ങനെയാണ് നമുക്കൊരു സത്യം നാമ നല്ലെന്ന് പറയാൻ പറ്റില്ല സത്യം ഉണ്ടെങ്കിലേ മിഥിയായ പ്രപഞ്ചം ഇവിടെ കാണപ്പെടുന്നു അല്ല സത്യം എന്ന് പറയുന്നില്ല എല്ലാ ശൂന്യമാണെന്ന് പറഞ്ഞാൽ ശൂന്യമാണെന്ന് പറഞ്ഞാൽ ശൂന്യസത്യമാണെന്ന് ശൂന്യവാദികൾ പറയുന്ന ഒന്നാണ് ഏത് ശൂന്യവാദി പറയുന്നു നാഗാർജുന അങ്ങനെ പറയുന്നില്ല ജുനൻ ശൂന്യം സത്യമാണെന്ന് പറയുന്ന ആളല്ലാർജുന എന്താണ് നിത്യസത്യം സനാതനം അങ്ങനെ ഒന്നിനെ സ്വീകരിക്കുന്ന ആളല്ല അങ്ങനെ ഒന്നില്ലെന്നാണ് നാഗാർജുനു പിന്നെ എന്തുകൊണ്ട് ഭാമന്തികാരെ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഭാവതികാരനോട് തന്നെ ചോദിക്കണം എനിക്ക് പറയാൻ പറ്റില്ല കാരണം ശൂന്യവാദി നാഗാർജുനനാണ് പിന്നെ നാഗാർജുനന്റെ വ്യാഖ്യാതാവ് ധർമ്മകീർത്തി പ്രസിദ്ധനായ അവരാരും ശൂന്യ സത്യമാണെന്ന് പറയുന്നില്ല ഇനി ആ പരമ്പരയിലേതെങ്കിലും ഒരാൾ ചിലപ്പോൾ ഇനി പറഞ്ഞാൽ ആ എന്നാലും ഈ നാഗാർജുനനാണ് ഏറ്റവും പ്രാമാണികനായ ആചാര്യം നാഗാർജുനെന്ന് പറയുമ്പോൾ കോമണ്ണ അതായത് ക്രിസ്തുവിന് ശേഷം ഒരു രണ്ടാം നൂറ്റാണ്ടിന്റെ മറ്റോ ജീവിച്ചിരുന്നയാളാണ് ശങ്കരാചാര്യെന്ന് പറയുമ്പോൾ ഒരു എട്ടാം നൂറ്റാണ്ട് അത് കഴിഞ്ഞിട്ട് നൂറു വർഷം കൂടെ കഴിഞ്ഞു ജീവിച്ചിരുന്നയാളാണ് ഈ പറയുന്ന ഭാഗതീകാരൻ ഈ നാഗാർജുനൻ ശൂന്യത്തെ സത്യമായി സ്വീകരിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും പറയാൻ പറ്റത്തില്ല അതൊക്കെ പതിനാല് പതിനഞ്ചെന്നൂറ്റാണ്ടൊക്കെ തത്വത്തെ പിന്താകുന്ന ആളാണല്ലോ അപ്പൊ അവിടെ ബൗദ്ധൻ ഈ പറയുന്ന ശൂന്യവാദം സത്യമെന്ന് പറയുന്നുണ്ടോ പിന്ന ൗദ്ധൻ ബ ബ ബുദ്ധൻ ബുദ്ധൻ്റെ അനുയായികളെയാണ് ബൗദ്ധനെന്ന് പറയുന്നത് ബൗദ്ധനെന്ന് പറയുന്നത് ബുദ്ധൻ്റെ അനുയായികളാണ് ബൗദ്ധന്മാർ ഇപ്പോ ബുദ്ധൻറെ ബുദ്ധൻ എന്ന് പറയുന്നത് ഈ പറയുന്ന വിധത്തിൽ ആത്മാവനെ അംഗീകരിക്കുന്നില്ല നിത്യമായ ആത്മാവിനെ അംഗീകരിക്കുന്നില്ല പിന്നെ ബുദ്ധൻ ഈ ബുദ്ധൻ ഇങ്ങനെ ചില വാക്കുകൾ പറഞ്ഞിട്ടേ ഉള്ളൂ അതിനെയൊക്കെ വ്യാഖ്യാനിക്കുന്നതാണ് ശിഷ്യന്മാർ അതിൽ ശൂന്യവാദത്തെ പറയുന്ന ശിഷ്യനാണ് നാഗാർജ്ജുനൻ നാഗാർജുനൻ പറയുന്നത് എന്താണ് നാഗാർജുനൻ പറയുന്ന പ്രതീത്യസമുപാദം എന്ന് പറയുന്ന ആശയമാണ് പറയുന്നത് പ്രതീത്യസമുത്പാദിക്കുന്ന വെച്ചു കഴിഞ്ഞാല് പല വസ്തുക്കൾ കൂടിച്ചേർന്നാണ് ഒന്നുണ്ടാവുന്നത് അപ്പോ ഒന്നിനും സ്വതന്ത്രമായും നിലനിൽപ്പില്ല എല്ലാം പരസ്പരം ആശ്രയിച്ച് എനിക്കും ഇതാണ് നാഗാർജുനന്റെ സ്വതന്ത്രമായി നിത്യമായി സത്യമായി ഒന്നും നന എല്ലാം പരസ്പരം ആശ്രയിച്ചേ നനക അതിന് നാഗാർജുന ഒരു ഉദാഹരണം പറയുന്നുണ്ട് രഥത്തെ എടുക്കുക രഥം ആ രഥത്തില് വീലുണ്ട് ഇരിപ്പളമുണ്ട് കൊളിമരമുണ്ട് ഓരോരോ പാഴ്സായിട്ട് പിരിച്ചു പിരിച്ചു പിരിച്ചെടുക്കുക അപ്പൊ ഇങ്ങനെ ഈ പല ഭാഗങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒന്നാണ് രഥം അപ്പൊ ഇങ്ങനെ പല ഭാഗങ്ങൾ കൂടിച്ചേർന്ന് ഒന്നാകുന്നതുകൊണ്ട് രഥം എന്ന് പറയുന്ന ഒന്നിന് സ്വതന്ത്രമായി നിൽക്കാൻ പറ്റില്ല ഈ പാഴ്സില്ലാതെ ഒരു രഥമുണ്ടോ പാഴ്സുകൾ കൂടിച്ചേർന്നതിന്റെ രഥം ഇപ്പൊ രഥം എന്ന് പറയുന്ന വസ്തു സ്വതന്ത്രമായി സത്യമായി നിൽക്കും ിക്കത്തില്ല എല്ലാം പരസ്പരം കൂടി ചേർന്ന് നിൽക്കും പരസ്പരം അപേക്ഷിതമാണെല്ലാം അതുകൊണ്ട് അങ്ങനെ പരസ്പരം ഇത് അപേക്ഷിച്ച് നിൽക്കുന്നതാണ് പറയുന്നത് പ്രതീത്യം പരസ്പരം ആശ്രയിച്ച് സമുത്പാദം ഉണ്ടാകും ഇങ്ങനെ നിൽക്കുന്നതിനെയാണ് നാഗാർജുനും പറയുന്നത് ശൂന്യത അല്ലാതെ ഇല്ലായ്മയല്ല ശൂന്യത എന്ന് പറയുന്നു വസ്തുക്കൾ പരസ്പരം ആശ്രയിച്ചിങ്ങനെ നിൽക്കുന്ന പ്രതീത്യസമത്പാദം ഇതാണ് ശൂന്യതാണ് ശൂന്യവാദം ശരിക്കും ബുദ്ധൻ ഇതുപോലൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയും വ്യക്തമായി പറഞ്ഞില്ലെന്നേ ഉള്ളു ഈ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് ബുദ്ധൻ ഭരതത്തിന്റെ ഉദാഹരണം അത് തന്നെയാണ് നാഗാർജുനടുത്ത് പറയുന്നത് നിങ്ങളീ പറയുന്ന പോലെ എന്താണ് ഒരാത്മാവ് നിത്യ സത്യ ശുദ്ധ മുക്തം അങ്ങനെ ഒന്നും ഉണ്ടാകത്തേയില്ല എന്നാണ് പറയുന്നത് ഏത് വസ്തുവിനെ നിങ്ങളെടുത്ത് നോക്കുക ഈ സ്വഭാവവാദം എന്ന് പറയുന്നതിനോ ഖണ്ഡിക്കുന്ന ആളാണ് ആര് നാഗാർജുന ഒരു സ്വഭാവം അങ്ങനെ ഒന്നില്ല അതെന്താ അങ്ങനെ പറയുന്ന ആത്മാവാണ് നിത്യമാണ് എന്താണ് അതിന്റെ സ്വഭാവമാണ് ശുദ്ധമാണ് അതതിന്റെ സ്വഭാവമാണ് ജ്ഞാനമാണ് അത് സ്വഭാവമാണ് പറയുന്നത് അങ്ങനെ സ്വഭാവം എന്ന് പറയുന്നത് ഒരു ഏർപ്പാടേയില്ല ഒരു വസ്തുവിനെ ഈ പ്രപഞ്ചത്തിലെ ഏതെങ്കിലും ഒരു വസ്തുവിനെ കാണിച്ചു തരാൻ പറ്റുമോ അങ്ങനെ അങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ കൂടിച്ചേരാതെ ഉള്ള ഒരു വസ്തു ഏതെങ്കിലും കാണിക്കാൻ പറ്റൂ ഒന്നുമില്ല എല്ലാം കൂടിച്ചേർന്നാണ് നിൽക്കുന്നത് ഒരു സ്വഭാവം എന്ന് പറയുന്നത് ഇല്ല എല്ലാം കൂടിച്ചേർന്ന് ഞാൻ നിൽക്കുന്നു ഒന്നിനും സ്വതന്ത്രമായ നിലനിൽപ്പില്ല അതുകൊണ്ട് ഇത് ശൂന്യു മനസിലായ പഞ്ചസ്കന്ധത്തെ കുറിച്ച് ഈ പഞ്ചസ്കന്ധങ്ങൾ ഞാൻ കൂടിച്ചേർന്ന് നീക്കുകയാണ് എന്തൊക്കെയാണ് സജ്ഞ സംസ്കാരം രൂപം പിന്നെ രണ്ടെണ്ണം കൂടെ ഉണ്ട് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ശരീരം ഇവിടെ ആത്മാവുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ പറയുന്നു ശരീരം ഇതാണ് രൂപം ഇതാണ് ഇതൊന്ന് പിന്നെ നമ്മൾ ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെക്കുറിച്ചുണ്ടാകുന്ന അറിവ് രണ്ടാമത്തത് സംജ്ഞ വിഷയജ്ഞാനം പിന്നെ സംസ്കാരം ഇതെല്ലാം ഇങ്ങനെ തുടർന്നു പോകുന്നതിന് കാരണമായിരിക്കുന്ന സംസ്കാരം പിന്നെ പ്രജ്ഞപ്തി നമ്മുടെ ഉള്ളിലുള്ള ബോധം വിഷയജ്ഞാനമല്ല അങ്ങനെ അല്ലാതെയുള്ള ബോധം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിച്ചേർന്ന് പ്രവർത്തിക്കുന്നു അത്രയുള്ള അല്ല ഇതിൻ്റെ അകത്ത് ആത്മാവെന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ഉള്ളില് വിജ്ഞാനം ഉണ്ടാകും വിജ്ഞാനത്തിന്റെ ഒരു ഒഴുക്കാണ് അല്ല സ്ഥായിയായ ഒരു വിജ്ഞാനം നമ്മുടെ അനുഭവത്തിനുമില്ല അങ്ങനെ ഒരു സാധനവും ഇല്ല അദ്വൈദികൾ അംഗീകരിക്കാന്ന് പറയുന്ന അന്ദ്വൈദിയൊക്കെ ഈ നാഗാർജ്ജുനു ശേഷം ഉണ്ടായവരാണ് നാഗാർജുനന്റെ കാലത്ത് ഇവരാരും ഇല്ല ജുനൻ ഈ പ്രപഞ്ചത്തെ കുറിച്ച് പറഞ്ഞ ഈ കാര്യങ്ങൾ എന്താണ് ഇത് പരസ്പരം കുടിച്ചേർന്നീക്കുന്നതാണ് അതൊന്നിനൂടെ സ്വതന്ത്രമായ എന്ന് പറഞ്ഞ ഈ കാര്യമാണ് അദ്വൈതി എടുത്തിട്ട് അത് മായയണമെന്ന് പറഞ്ഞു നാഗാർജുനന് കോപ്പി അടിച്ചു എന്നുവെച്ചാൽ അദ്വൈതി എന്ത് ചെയ്തു ആത്മാവെന്ന് പറയുന്ന ഒന്നിനോ കൂടുതലായിട്ട് ചേർത്ത് നാഗാർജുനും പറയാത്ത കാര്യം ശൂന്യതമാക്കുകയല്ല ശൂന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാർജുനം പറയുന്ന ഇത് ശൂന്യത ഇതിനെയൊക്കെ സംബന്ധിച്ച് നമുക്കൊരു ഭ്രാന്തിയുണ്ട് ആ വിദ്യ നാഗാർജുനം പറയും എന്താണ് ഇവിടെ എന്തോ സ്ഥായിയായിട്ടുണ്ട് ആത്മാവുണ്ടെന്നൊക്കെയുള്ള നമ്മുടെ ഒരു ഭ്രാന്തിയാണ് അപ്പോ വേണമെങ്കിൽ ഇതിന് ആത്മാവെന്ന് പറയാൻ കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് ഈ സംസാരമാണ് സംസാരമാണ് നിർവ്വാണം നിർവ്വാണമാണ് സംസാരം ഇതാണ് നാഗാർജുന സിദ്ധാന്തം എന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒരു ജനന മരണങ്ങളുടെയും ഈ പ്രപഞ്ചത്തിന്റെ ഉത്പത്തി സ്ഥിതി നാശങ്ങൾ ഇതിന്റെയൊക്കെ ഒരു ഒഴുക്കെങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് ഇതിനെയാണ് സംസാരമെന്ന് പറയുന്നത് ഈ സംസാരം തന്നെയാണ് നിർവ്വാണമെന്ന് പറയുന്നത് അവിടെ വ്യത്യാസം വരുന്നത് എന്താണ് ഈ സംസാരത്തെക്കുറിച്ച് നമുക്ക് ചില ഭ്രാന്തികളുണ്ട് അത് മാറണം ആ ഭ്രാന്തി മാറിക്കഴിഞ്ഞാൽ സംസാരം നിർവ്വാണം രണ്ടും ഒന്നും അല്ല അല്ലാതെ നിർവ്വഹെന്നു വെച്ചാൽ മോക്ഷം അല്ലാതെ നിർവ്വാണോന്ന് പറയുന്ന ഒരു സംഗതിയൊന്നുമില്ല ഇപ്പറത്തേക്കും ചർദ്ധികൾ പറയുമ്പോൾ എന്താണ് ആത്മാവ് അതിന്റെ മോക്ഷം അങ്ങനെയൊന്നുമില്ല ഇത് പറയുന്നുണ്ട് പിന്നെന്താണ് ഈ നാഗാർജുന പറഞ്ഞാണ് അല്ലെങ്കിൽ ആ ശിഷ്യന്മാർ പറഞ്ഞാണ് സമൃദ്ധി സത്യവും പാരമാർത്ഥിക സത്യം രണ്ട് സത്യം ഉണ്ട് ഒന്ന് പരമാർത്ഥം മറ്റൊന്ന് സമൃദ്ധി എന്ന് പറയും പരമാർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഈ ശൂന്യരയാണ് അല്ല വേറെ സത്യമൊന്നുമില്ല എന്നുവെച്ചാൽ ഇതെല്ലാം പരിസരം കൂടിച്ചേർന്ന് നിൽക്കുന്നു ഒന്നും സ്വതന്ത്രമായി നിൽക്കുന്നുണ്ട് ഇതാണ് പരമാർത്ഥം പക്ഷേ നമ്മുടെ വ്യവഹാരത്തിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വസ്തുക്കളെല്ലാം സ്വതന്ത്രമായി നിൽക്കുന്നു എന്ന് കണക്കാക്കി പ്രവർത്തിക്കുന്നു ഒരു ഉദാഹരണം പറയുന്നത് ഇപ്പോൾ ദീപം ദീപം എന്ന് പറയുന്നത് പ്രകാശം ഇങ്ങനെ ജനിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതൊരു ഒഴുക്കാണ് എന്തിൻ്റെ പ്രകാശ കണികളുടെ ഒരു ഒഴുക്കാണ് പക്ഷെ നമ്മൾ കാണുന്ന എങ്ങനെയാണ് അതിനൊരു ദീപമായി കാണും ഒന്നായി കാണുന്ന ഒരു നാളമായിട്ട് പ്രസവത്തിൽ ഇതൊരു നാളമല്ല അത് കണികകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന അതുപോലെയാണ് ഈ സംസാരം ഇങ്ങനെ ഒഴുകൊണ്ടിരിക്കുന്നു പ്രപഞ്ചം ഒന്നിൽ നിന്നും ഉണ്ടായതല്ല അങ്ങനെ പറയുന്ന പ്രപഞ്ച ബ്രഹ്മത്തിൽ നിന്ന് പ്രപഞ്ചം ഉണ്ടായി അതിനെ പ്രപഞ്ച സ്വഭാവം ബ്രഹ്മം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നാഗാർജുന അംഗീകരിക്കുന്നില്ല കാരണം പ്രപഞ്ചം ഏതിൽ നിന്നുണ്ടായി എന്ന് ചോദിക്കും ഉണ്ടായിരുന്നു എനിക്ക് ഇത് സമർത്ഥിക്കാൻ പറ്റില്ല എന്താണ് ഈ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നിന്നുണ്ടായോന്ന് ചോദിച്ചാൽ പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നിന്നുണ്ടായെന്ന് പറയാൻ പറ്റുള്ളൂ കാരണം പ്രപഞ്ചം ഉണ്ടല്ലോ പിന്നെ പ്രപഞ്ചത്തിൽ നിന്നുണ്ടാവണം ണ്ടാവും പ്രപഞ്ചം പ്രപഞ്ചത്തിൽ നിന്നുണ്ടാവും ഏത് തന്നെ പ്രപഞ്ചം എന്ത്ണ്ടായി പ്രപഞ്ചത്തിൽ നിന്നുണ്ടാവും കണ്ണം പ്രപഞ്ചം ഉണ്ടല്ലോ പിന്നെ ഉണ്ടാവുന്ന എന്തിലും ഇനി പ്രപഞ്ചത്തിൽ നിന്ന് ഭിന്നമായ ഒന്നിൽ നിന്ന് ബ്രഹ്മത്തിൽ നിന്നാണ് ഉണ്ടാവുകയാണെങ്കിൽ പ്രപഞ്ചം വേറെ ബ്രഹ്മം വേറെ ഭിന്നമായ ഒന്നിൽ നിന്ന് തന്നെ ഉണ്ടാവും അപ്പൊ ഭിന്നമായ ഒന്നിൽ നിന്ന് എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാവും കാരണം അത് വേറെയല്ലേ അതിൽ നിന്ന് എങ്ങനെ ഈ പ്രപഞ്ചം ഉണ്ടാവും കാരണം അവിടെ പരസ്പര വിരോധമുണ്ട് പ്രപഞ്ചത്തിൽ നിന്നുണ്ടാകത്തില്ല പ്രപഞ്ചം ബ്രഹ്മത്തിൽ നിന്നും ഉണ്ടാകത്തില്ല ബ്രഹ്മം വേറെയാണ് ബ്രഹ്മത്തിൽ നിന്നുണ്ടായത് ബ്രഹ്മമായി പോകത്തില്ലേ പ്രപഞ്ചം എങ്ങനെയാണ് ഉണ്ടാകത്തില്ല ഇനി ബ്രഹ്മവും പ്രപഞ്ചവും കൂടെ ചേർന്നിട്ടുണ്ടാകുക അത് പറ്റില്ല ഇത് പരസ്പര വിരുദ്ധമാണ് പ്രപഞ്ചം മേരെ ബ്രഹ്മം മേരെ അതിന്നും ഉണ്ടാവില്ല ഇത് രണ്ടിൽ നിന്നും അല്ലാതെ വേറെ ഒന്നും അങ്ങനെയൊന്നുമില്ല അതിലൊന്നും ഉണ്ടാകില്ല അത് പ്രപഞ്ചം ഒന്നിൽ നിന്നും ഉണ്ടാകുന്നില്ല നാഗാർജുനും പറയുന്നു മനസ്സിലായ പ്രപഞ്ചം എന്ന് പറയുന്നത് ഇങ്ങനെ പരസ്പരം കൂടി ചേർന്നിരിക്കുന്നു അല്ലാതെ അതിന്റെ പിന്നിലൊരാത്മാവുണ്ട് ആത്മാവിന്റെ മോക്ഷം എന്നൊക്കെ പറയുന്നത് അബദ്ധമാണ് അങ്ങനെ ഒന്നില്ലെന്നാണ് പറയുന്നത് അസംബന്ധമാണ് ഇതാണ് നാഗാർജ്ജുനന്റെ വാദം കാരണം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഏതാ അങ്ങനെ ആത്മാവുമായിട്ടുള്ളത് എന്ത് സാധനം എടുത്താലും നമുക്ക് പിരിക്കാൻ പറ്റും അങ്ങനെ അല്ലാത്തൊരു വസ്തുവിനെ കാണിച്ചു തരിക എല്ലാം കൂടി ചേർന്നായിരുന്നു പല വസ്തുക്കൾ കൂടിച്ചേർന്ന് അതിൽ നിന്ന് ഉണ്ടാകുന്നു പറയുന്നത് പോലെ അതിന്നിവിടെ ഒന്നും ഉണ്ടാകുന്നില്ല പല വസ്തുക്കൾ കൂടിച്ചേർന്നിരിക്കുന്നു രഥത്തിന്റെ എല്ലാ ഭാഗങ്ങളും കൂടി ചേർന്നാൽ രഥമാകുന്നു അത്രേയുള്ളൂ പുതുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല ഒന്നും ഉണ്ടാകുന്നില്ല ഒന്നും നശിക്കുന്നുമില്ല കൂടിച്ചേർന്ന് പിരിയുന്നു അത്രേയുള്ളൂ രഥം നശിക്കുന്നു പറഞ്ഞാൽ എന്താണ് പിരിഞ്ഞു നമ്മൾ മരിക്കുന്നു എന്നു പറഞ്ഞാൽ എന്താണ് ഈ ശരീരമൊക്കെ ശിക്കുന്നു ശരീരം നശിക്കുന്നു അത് പുതിയതല്ല അതിന് ഏതാ പുതിയത് നിങ്ങള് പല വസ്തുക്കൾ കൂടി ചേർന്നില്ല അതിന്റെ വീട് പുതിയതാണോ അതെ അപ്പൊ അത് പുതിയ വസ്തുവെന്ന് പറയാൻ പറ്റില്ല എന്താണ് ഇതെല്ലാം കൂടെ കൂടിച്ചേർന്നൊന്നു എന്നേ പറയും ഇതെല്ലാം കൂടെ കൂടിച്ചേർന്ന ആ കാണുന്നത് എന്തുകൊണ്ട് പറയുന്നു ഇതൊക്കെ മാറ്റി കഴിഞ്ഞാൽ ഇതെല്ലാം മാറ്റി കഴിഞ്ഞു അങ്ങനെ ഒന്നില്ല ഇതെല്ലാം കൂടി ചേരുമ്പോ അങ്ങനെ ഒന്നും ഉണ്ടാവും മാറ്റിയാ ിത്തിൽ നിന്ന് വിഷമുണ്ടാവുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വിത്ത് എന്താണ് അതെല്ലാം പല സാധനങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നു വിക്ഷം എന്താണ് അതും പലത് കൂടി ചേർന്നിരിക്കുന്നു വിത്തും പലതും കൂടിച്ചേർന്നിരിക്കുകയാണ് വിക്ഷവും പലതും കൂടിച്ചേർന്നിരിക്കുകയാണ് അപ്പൊ വിത്തിൽ നിന്ന് വൃക്ഷം ഉണ്ടാവുന്നു പറഞ്ഞ ആശാരി രഥം എന്ന് പറയും പോലെ എന്ന് പറയുന്നേ ഉള്ളു പലത് കൂടിച്ചേരുന്നു അവിടെ അത് അവർ പറയുന്നുണ്ട് എന്താണ് വിത്തിനോടുകൂടി വൃക്ഷം ഉണ്ടാകാന്ന് പറയുന്നത് എന്താണ് വിത്തിനോടുകൂടി വെള്ളം ചേരുന്നു വളം ചേരുന്നു കാലം അതിനോട് ചേർന്നു വരുന്നു മറ്റെല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് വൃക്ഷമാവും പലവും കൂടി ചേരുന്നു ആത്മാവെന്ന് പറയുന്ന ഒരു സാധനമില്ല പക്ഷെ നിർവ്വാണത്തെ അംഗീകരിക്കുന്നുണ്ട് എന്താണ് ഈ ഭ്രാന്തി എന്തോ സ്ഥിരമായിട്ടുണ്ട് ആത്മാവുണ്ട് ഇങ്ങനെയുള്ള ഭ്രാന്തി മാറിയാൽ പിന്നെ ഈ ഇതുണ്ടല്ലോ ഈ സംസാരം ഇത് തന്നെയാണ് നിർവ്വാഹമെന്ന് പറയും നല്ല പേരെ പ്രത്യേകിച്ച് നിർവ്വാഹമെന്നു പറയും അവർ പറയുന്നത് ഇത്തവണ് എന്താണ് ഇവിടുത്തെ നോട്ടീസിലെഴുതിയിട്ടുണ്ട് എന്താണോ ശ്രീനാരായണ ഗുരുദേവന്റെ മഹാപരിനിർവാണ ശതാബ്ദി ഈ മഹാ പരിനിർമാണെന്ന് പറയുന്ന ഗുരുവിന് അംഗീകരിക്കാൻ പറ്റിയ കാര്യമാണ് എന്തുകൊണ്ടത് ബൗദ്ധന്മാരുടെയാണ് മഹാപരിനിർമാണം എന്ന് പറയുന്നത് അവരുടെ ഒരു ടൈമാണ് എന്നുവെച്ചാൽ ആത്മാവിനെ അംഗീകരിക്കുന്ന ആരാണല്ലോ ഗുരു അപ്പൊ ആത്മാവിനെ അംഗീകരിക്കുന്ന ആളിങ്ങനെ മഹാപരിനിർമാണത്തെ അംഗീകരിക്കും അത് മഹാപരിനിർവാണല്ല നിർവ്വാണമാണ് നിർവ്വാണവും തീരെ അംഗീകരിക്കുന്നുണ്ട് അവിടെ എവിടെയെങ്കിലും മഹാപരിനിർമാണം എന്ന് പറഞ്ഞിട്ടുണ്ടത് മഹാപരിനിർമാണെന്ന് പറയുന്നത് ബൌദ്ധന്റെ ഒരു ഇതാണ് മഹാപരിനിർമാണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്താണ് സംസാരം തന്നെയാണ് നിർവ്വാണമെന്ന് പറയുന്നതാണ് അവർ സംസാരവും നിർവ്വാണവും വേറെ വേറെയല്ല ഗുരു പറയുന്ന എന്താണ് ആത്മാവ് സംസാരം രണ്ട് രണ്ടായിട്ടാണ് പറയുന്നത് ള് നിർമാണത്തെ കുറിച്ച് പറയും ഈ മഹാഭരത കുറിച്ച് പറയുന്നത് ഈ മഹാഭരനി നിർമാണം എന്താണെന്ന് അറിയാൻ പോയത് കൊണ്ട് അടിച്ചങ്ങ് കേച്ച ഒരു ഗുരുവും കുറെ ശിഷ്യ എന്തൊക്കെയായിട്ട് നല്ല പേര് എവിടത്തെ ഒരു കെട്ടിയായിട്ട് എത്തി ചേർക്കും ഇതൊക്കെ എന്താ ഏർ സൃഷ്ടിയാണ് അതായത് ഈ മഹാനർ പരിനിർമാണം എന്ന് പറയുന്നതിന് ബോദ്ധന്മാരുടെ ഇടയ്ക്ക് ഒരു സിദ്ധാന്തമുണ്ട് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോധിസത്വന്മാരെന്ന് പറഞ്ഞ കുറെ പേരുണ്ട് ഈ ബോധിസത്വന്മാരെന്ന് പറയുന്നത് അവര് ഈ ശൂന്യത അറിയുന്നു എന്താണ് ശൂന്യത എന്ന് പറഞ്ഞത് ഈ സംസാരം തന്നെ ഇവിടെ ഒന്നും നിത്യമായിട്ടില്ല എന്ന് പറയുമ്പോൾ നാഗാർജുനൻ പ്രത്യേകിച്ച് പറയുന്നത് ഞാൻ പ്രത്യേകിച്ച് ഒരു സിദ്ധാന്തം ഇവിടെ ഉണ്ടാക്കുന്നില്ല മനസിലാവും നാഗാർജുനു പ്രത്യേകിച്ച് സിദ്ധാന്തമില്ല ഞാനായിട്ട് ഒരു സിദ്ധാന്തം ഉണ്ടാക്കുന്നില്ല പിന്നെ എന്താണ് ഈ ഉള്ള സിദ്ധാന്തങ്ങളെയൊക്കെ ഉടച്ച് കളയുകയാണ് അത് ചെയ്ത് അന്ന് അതിന്റെയൊക്കെ ഒരു ചെറിയ രൂപങ്ങളൊക്കെ കാണും ശങ്കരാചാര്യൊന്നില്ലല്ലോ അപ്പോ അതുപോലെയുള്ള സിദ്ധാന്തങ്ങളെല്ലാം ഞാൻ നിഷേധിച്ചു കളയുകയാണ് സാങ്ക്യവും മറ്റും ഉണ്ടെന്ന് ആത്മാവും നിത്യവും പറയുന്നു അത്തരം എല്ലാ സിദ്ധാന്തങ്ങളെയും ഞാൻ നിഷേധിക്കുകയാണ് എന്തിനു നിഷേധിക്കുന്നു പറഞ്ഞാൽ അങ്ങനെ നിഷേധിക്കുമ്പോൾ ഒരു സിദ്ധാന്തമില്ലാതെ വരുമ്പോൾ മനസ്സ് ഫ്രീ ആവും അതാണ് നിർവാഹം മനസ്സിലായോ എല്ലാ സിദ്ധാന്തങ്ങളും ഒരു സിദ്ധാന്തം നിക്കയില്ല എല്ലാ സിദ്ധാന്തങ്ങളെയും നിഷേധിച്ചു കഴിഞ്ഞാൽ മനസ്സ് എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും മുക്തമാകും അങ്ങനെ മുക്തമാകുമ്പോഴാണ് അതിന് നിർവ്വാണമെന്ന് പറയുന്നത് ഇപ്പോ പറയുന്നത് ഒരാൾക്ക് ജീവിച്ചിരിക്കുമ്പം തന്നെ നിർവ്വാണം നേ ഈ എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും മുക്തമായി മനസ്സിനെ ഫ്രീ ആക്കുന്നതാണ് നിർവ്വഹണം ഒരാൾക്ക് തന്നെ പിന്നെ അങ്ങനെ അവരെ ബുദ്ധിയെ വിശുദ്ധമാക്കി ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നതാണ് മഹാപരിനിർമാണെന്ന് പറഞ്ഞു ശരീരത്തെ ഉപേക്ഷിക്കുന്നു അതാണ് ഏഹ് അങ്ങനെ അത് മാനസികമായൊരു സ്വതന്ത്ര സ്ഥിതി സിദ്ധാന്തങ്ങളൊന്നുമില്ല ഒരു സിദ്ധാന്തമില്ല എല്ലാം അറിഞ്ഞിട്ട് ഉപേക്ഷിക്കേണ്ടി ഉപേക്ഷിക്കാൻ ഭ്രാന്തി മാറണ്ടേ പഠിച്ചിലാക്കി ഭ്രാന്തി മാറണമെങ്കിൽ ഇതൊക്കെ പഠിക്കണം ഇതൊക്കെ പഠിച്ചിട്ട് ഭ്രാന്തി മാറിക്കഴിഞ്ഞ് ശരീരം ഉപേക്ഷിക്കുന്നതാണ് മഹാപരിനിർമാണം ബോധിസത്വന്മാരെ കുറിച്ച് പറയുന്നത് അവര് നിർവ്വാണത്തെ പ്രാപിച്ചു പക്ഷേ അവര് മഹാപരിനിർവാണത്തെ പ്രാപിക്കത്തില്ല കാരണം എന്തെന്ന് വെച്ചാൽ അവര് ഈ ലോകത്തോട് അത്രയും അനുകമ്പയുള്ളവരാണ് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും നിർവ്വാണത്തെ പ്രാപിക്കുന്നതുവരെ അവര് മഹാപരിനിർവാണത്തെ പ്രാപിക്കില്ലെന്നു വെച്ചാൽ അവര് വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും അപ്പം ഈ മഹാപരിനിർവാണത്തെ മാറ്റിവെക്കുന്നവരെയാണ് ബോധിസത്വന്മാരെന്ന് പറയുന്നത് അങ്ങനെ ബോധിസത്വന്മാര് വീണ്ടും വീണ്ടും ബുദ്ധന്മാരായി ജനിക്കും ഇനിയുണ്ടോ ബുദ്ധന്മാര് മൈത്രേയൻ ഒരു ബോധിസത്വനാണ് ിയും ബുദ്ധനായി ജനിക്കും ഇതൊക്കെയാണ് അവരുടെ കഥകൾ അപ്പൊ വിശ്വാസങ്ങളാണ് അവരുടെ അപ്പൊ ഒരു ബോധിസത്വം സ്വീകരിക്കത്തില്ല എന്തുകൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ കരകയറ്റും എന്നാൽ കരയേണ്ട കരകണ്ടുന്ന എത്ര പേരോ താഴത്ത് എന്ന് പറയുമല്ലോ പുള്ളൂരിന്റെ ഒരു പാട്ട് അത് ഈ ബോധി സത്വന്മാരുടെ ആദർശമാണ് ആ പറയുന്നു അപ്പോ ഈ മഹാപരിനിർവാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഗുരു ബോധിസത്വനുമാകത്തില്ല ബോധിസത്വനാണെങ്കിൽ മഹാപരിനിർവാണ പ്രാപിക്കാനും പാടില്ല ഉം ഇതൊരു എന്താണ് ഒരു വാക്ക് കണ്ടപ്പോ എടുത്തെങ്ങ് പ്രയോഗിച്ചോന്നുള്ള അല്ലാതെ ഇത് ഗുരുവിന്റെ കാഴ്ചപ്പാടായിട്ട് യോജിക്കുന്ന ഗുരു പറയുന്നത് ആ അപ്പൊ ബുദ്ധനാകാൻ വേണ്ടിട്ടൊരു പണി നടത്തിയ അങ്ങനെ അതിനെ കുറിച്ച് അറിയില്ല അറിയാതെ ചെയ് മഹാപരി നിർമാണം ബൗദ്ധരുടെ ഒരു രീതിയാണ് ഗുരുവിൻ്റെത് നിർവ്വാണം എന്ന് വേണമെങ്കിൽ പറയാം ഈ മഹാസമാധി അതാണ് അതിന്റെ ശരിക്കുള്ള വാക്ക് പിന്നെ വേണമെങ്കിൽ ഒരു പുതിയ ഐറ്റം ഒരു നമ്പർ എന്നുള്ളതാണെങ്കിൽ അത് ഉപയോഗിക്കാം അത് യശോ നിർമ്മാണമെന്ന് പറയുന്നതിന് കുഴപ്പമില്ല കാരണം അത് യശസ്സുള്ള കീർത്തിയുള്ള നിർവ്വഹണം അത് പിന്നെ ഇവർ പറയുന്നതല്ലോ ഒരു നിർവ്വാണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഗീതയും നിർവ്വഹണം എന്ന് പറയുന്നുണ്ടല്ലോ വിശ്വനിർമാണം പറയും സഹോദരനായിപ്പോൾ വിവരമുള്ളടാണ് നിങ്ങൾ വിചാരിക്കുമ്പോ ആ അത് കുഴപ്പമില്ല പക്ഷേ ഈ മഹാപരി നിർവ്വാണമെന്ന് പറയുന്നത് വേറെ സംഗതിയാണ് അത് ബോദ്ധന്മാരുടെ അടുത്ത് ഉപയോഗിക്കുന്നതാണ് അത് ബോധ്യസത്വന്മാർ എന്താണ് മാറ്റിവെക്കുന്ന കാര്യമൊക്കെയാണ് അതിന് ബൗദ്ധ സമ്പ്രദായത്തിൽ പ്രത്യേക അർത്ഥമുള്ള ഒരു കാര്യമാണ് പിന്നെ ആൾക്കാർ പറയല്ലോ ഒരു ബുദ്ധനെയും അംഗീകരിച്ചാണെന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയൊക്കെ അംഗീകരിക്കുമ്പോൾ ഈ ഒരു പ്രശ്നം വരും എന്താണോ ഈ സംസാരം തന്നെയാണ് നിർവ്വഹണം ആത്മാവെന്ന് പറയുന്ന ഒന്നില്ല ഇതൊക്കെ പറയാൻ പറ്റുമോ അതൊക്കെ പ്രശ്നമാവും ആത്മാവിനെ നിഷേധിക്കില്ലല്ലോ അത് മാത്രമല്ല ഗുരുവരിക്കെ പറഞ്ഞിട്ടുണ്ട് ബുദ്ധമതം ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ ഒരിക്കലും അത് ഞാൻ പഠിച്ചിട്ടില്ല പിന്നെ എനിക്കറിയില്ല എന്നും ഗുരുണ്ട് എന്നുവെച്ചാൽ ഗുരു അതിന് വലിയ പ്രാധാന്യം കൊടുത്തില്ല ബുദ്ധന്റെ മറ്റ് എന്താണ് ആചാരങ്ങളും അഹിംസയും അതൊക്കെ ഗുരു സ്വീകരിച്ചെങ്കിലും ഈ പറയുന്ന സിദ്ധാന്തങ്ങൾക്ക് ഗുരു പ്രാധാന്യം കൊടുത്തില്ല ഈ നാഗാർജുനനും മറ്റും പറയുക ശൂന്യവാദം പ്രപഞ്ചമാണ് ശൂന്യം അങ്ങനെയൊന്നും ഗുരു സ്വീകരിച്ചിട്ടുണ്ട് ബുദ്ധന്റെ മറ്റ് സത് ഉപദേശങ്ങളൊക്കെ ജുനെന്ന് പറയുന്ന ആളിന്ന് എന്താണ് പാശ്ചാത്യൻ ഇന്ത്യയില് ഫിലോസഫറായി അംഗീകരിക്കുന്ന ഒരാളേ ഉള്ളു നാഗാർജുനൻ നാഗാർജുനന്റെ ഈ വസ്തുഷ്ട് തരുന്ന അറിവാണല്ലോ ചതുഷ്കോടി എന്താണ് വിനർമുക്തം തത്വം മാധ്യമിക ഈ ഒന്ന് സ്വയം ഉണ്ടാകുന്നില്ല മറ്റൊന്നുള്ളതിൽ നിന്നുണ്ടാകുന്നില്ല രണ്ടെണ്ണം കൂടിച്ചേർന്നുണ്ടാകുന്നില്ല മറ്റുള്ളതിൽ നിന്ന് രണ്ടു ഭിന്നമായ ഒന്നിൽ നിന്നുണ്ടാകുന്നു എന്ന് പറയുന്ന ചതുഷ്കോടി വിനർമുക്തമായ വാദം അല്ലെങ്കിൽ സ്വഭാവനിഷേധം ഇതൊക്കെ പറയുന്നത് പാശ്ചാത്യത്തില് വളരെ ബഹുമാനത്തോടുകൂടി കാണുന്ന വാദങ്ങളാണ് ആ ഒരു വില മൂല്യം പാശ്ചാത്യ ഫിലോസഫർമാര് ശങ്കരായർക്ക് കൊടുക്കുന്നില്ല ശങ്കരാചാര്യരെ വലിയ ഫിലോസഫറാകുന്ന ഇവിടുത്തെ ബ്രാഹ്മണര് മാത്രമാണ് അവരാണ് ശങ്കരാചാര്യ വലിയ ദാർശനികനായി പറയുന്നത് പാശ്ചാത്യർ അംഗീകരിക്കുന്നു പക്ഷെ പാശ്ചാത്യര് നാഗാർജുനന് ഒരു ഫിലോസഫറായി അംഗീകരിക്കുന്നു കാരണം എന്താണെന്ന് വെച്ചാല് നാഗാർജുനൻ പറയുന്ന കാര്യങ്ങളെല്ലാം തർക്കത്തിലൂടെ സമർത്ഥിക്കും നാഗാർജുന പറയുന്നെല്ലാം തർക്കത്തിലാ സമർത്ഥിക്കാചാര്യെന്ത് ചെയ്യും എന്തായിരുന്നു ശങ്കരാചാര്യ എന്തായിരുന്നു എന്താ ഏ ശങ്കചാര്യ ചെയ്യുന്നത് വേദം വെച്ചിട്ട് സമർപ്പിക്കുന്നു അപ്പൊ ഈ വേദം വെച്ചിട്ട് സമർത്ഥിച്ചാൽ അത് വേദം എന്ന് പറയുന്ന ഒരു വെളിപാടാണ് അതിനുവെച്ച് സമർത്ഥിച്ച് അതിനെ ഫിലോസഫി ആയിട്ട് പാശ്ചാത്യം അംഗീകരിക്കുന്നു വേദം വെച്ച് പറയുന്നതിനൊക്കെ അവര് പറയുന്നത് തിയോളജിയായിട്ടാണ് തിയോളജിയുടെ ബൈബിള് ഖുറാൻ ഇതൊക്കെ വ്യാഖ്യാനിച്ച ഒരുപാട് സിദ്ധാന്തങ്ങളുണ്ടാക്കും ഇതൊക്കെ തിയോളജിയാണ് ഫിലോസഫി വെളിപാടുകള് വ്യാഖ്യാനിക്കുക പറഞ്ഞ് തെളിയിക്കാൻ പറ്റാത്ത അങ്ങനെ ഫിലോസഫിന്ന് പറയുന്നത് ദൈവശാസ്ത്രം എന്ന് വെച്ചാൽ ഇത്തരം വെളിപാടുകളെ വ്യാഖ്യാനിച്ച് സിദ്ധാന്തത്തെ സമർത്ഥിക്കുക നിങ്ങള് പറയുന്ന കാര്യങ്ങൾ എന്തു ചെയ്യണം നിങ്ങളുടേതായ യുക്തിയില് അത് ഇന്ന പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു ഇന്നാലും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ശരിയെന്ന് പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ അത് തിയോളജി ആയി എന്താ വെച്ചാൽ വ്യക്തമായി പറഞ്ഞുതരാം ഇപ്പോൾ ആത്മോപദേശതകം വ്യാഖ്യാനിച്ചിട്ട് നിങ്ങളൊരു സിദ്ധാന്തം പറയണ എന്നിട്ട് പറഞ്ഞത് പറഞ്ഞതുകൊണ്ട് ഇത് ശരിയെന്നു പറഞ്ഞാൽ തിയോളജി ആവും ഫിലോസഫി ആകത്തില്ല ആത്മോധത്തിലെ സിദ്ധാന്തം നിങ്ങൾ പറയുകയും ഇത് എന്തുകൊണ്ടാണ് ഇത് ശരിയാവുന്നത് ആത്മവശേഷത്തിൽ പറഞ്ഞോണ്ടതെന്ന് പറഞ്ഞാൽ തിയോളജിയാവും മറിച്ച് ആത്മവിധി പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെയാണ് നിങ്ങളത് സമർത്ഥിക്കുന്നത് സ്വതന്ത്രമായ യുക്തി ഉപയോഗിച്ചാണെങ്കിൽ അത് ദിലവസഭയാവും ഒരിക്കലും ആത്മോപദേശത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അത് ശരി അങ്ങനെ പറയാൻ പറ്റില്ല അതായത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇത് ശരിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയോളജി ആവും വേദത്തിൽ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ശരിയാണെന്ന് പറഞ്ഞാൽ തിയോളജിയാവും നാഗാർജുനൻ എന്ത് ചെയ്യുന്നു അങ്ങനെ ആരെയും കൂട്ടുപിടിക്കുന്നില്ല നാഗാർജുനെന്താ പറയുന്നത് യുക്തി യുക്തിയിലൂടെ പറയുന്നു ഞാൻ ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ലാതെ ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നു എല്ലാ സിദ്ധാന്തങ്ങളെയും നിഷേധിക്കുകയാണ് ഞാനായിട്ടൊരു സിദ്ധാന്തം ഉണ്ടാക്കുന്നുമില്ല പിന്നെ എന്താണ് ഇത് ഇവിടെ ഈ ഇവിടെ ഒന്നും തന്നെ സ്ഥായിയായിട്ടില്ല ഇതെല്ലാം പരസ്പരം കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ശൂന്യത എന്ന് പറയുന്നത് അല്ലാതെ ഉച്ഛേദവാദത്തെ അംഗീകരിക്കുന്നില്ല എന്താണ് എന്തെങ്കിലും ശൂന്യമായ ഉണ്ട് അതൊന്നും നാഗാർജുന അംഗീകരിക്കുന്നില്ല ഒന്നുമില്ലായ്മ ശൂന്യതയുണ്ടല്ലോ അതിനെയും നാഗാർജുന അംഗീകരിക്കുന്നു എല്ലാ ഇല്ലാതായി കഴിഞ്ഞാർജുനായിരിക്കുന്നു യദ്വൈദികൾ നാഗാർജുനിക്കുന്ന കാരണം വേദത്തെ അംഗീകരിക്കുന്നു അംഗീകരിച്ചത് ബുദ്ധിസ്റ്റ് വേദത്തെ അംഗീകരിക്കാത്ത വേദത്തെ ഇവർ അംഗീകരിക്കുന്നത് നാഗാർജുനത്തെ വേദത്തിൽ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ശരിയെന്ന് പറയില്ല ശങ്കരായപ്പോലെ ശങ്കരായ പറയുന്നത് എന്താണ് ഞാൻ പറയുന്നതൊക്കെ ശരിയാണ് എന്തുകൊണ്ട് വേദത്തിൽ പറഞ്ഞിരിക്കുന്നത് ശങ്കരായർക്ക് വേദത്തെ പറഞ്ഞേ പറ്റൂ എന്തുകൊണ്ട് ഈ വേദത്തെ അംഗീകരിച്ചു കഴിഞ്ഞാല് ഇവർ പറയുന്ന എല്ലാ കൊള്ളരായ്മയും അവർക്ക് പറയാൻ പറ്റും വേദത്തിനുണ്ടെന്നും പറഞ്ഞെല്ലാം പറയുന്നു അപ്പൊ വേദത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അത് പറ്റത്തില്ല നാഗാർജുന അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യുന്നില്ല നാഗാർജുന എന്താണ് ചെയ്യുന്നത് പറയുന്നു ഇവിടെ ഒന്നും സത്യമായി സനാതനമായി ട്രദ്ധ എല്ലാം പരസ്പരം കൂടിച്ചേർന്ന് നിലനിൽക്കുന്നു പിരിഞ്ഞാലൊന്നുമില്ല ഇതാണ് നാഗാർജുനന്റെ വാഴ്ചപ്പാട് അതുകൊണ്ട് ഇവിടെ പ്രത്യേകിച്ച് ഒരു സിദ്ധാന്തവും ഞാനൊരു സിദ്ധാന്തവും ഇല്ല നിങ്ങളെന്ത് ചെയ്യുക എല്ലാ സിദ്ധാന്തങ്ങളിൽ നിന്നും എല്ലാ കാഴ്ചപ്പാടുകളിൽ നിന്നും നിങ്ങളുടെ മനസ്സിനെ സ്വതന്ത്രമാക്കുക നിങ്ങളുടെ മനസ്സ് സ്വതന്ത്രമായി കഴിഞ്ഞാൽ അത് തന്നെ നിർവഹണം ഏ എങ്ങനെ അതുകൊണ്ടല്ലേ പാശ്ചാത്യം അംഗീകരിക്കുന്നു പാശ്ചാത്യമെല്ലാം നഗാറിഞ്ഞായിട്ട് ഫിലോസഫറായി അംഗീകരിക്കുന്ന കാരണം കൊണ്ടാണ് അപ്പോ ആത്മാവില്ല എന്ന് പറഞ്ഞ ബാക്കിയുള്ളവർക്ക് അംഗീകരിക്കാൻ പറ്റൂത്മാവിന് പിന്നെ പുനർജന്മത്തെ അംഗീകരിക്കുന്നുണ്ടോ കേട്ടോ എന്തുകൊണ്ട് കാരണം കർമ്മമുണ്ട് കർമ്മഫലം ഉണ്ട് അതിന് ആത്മാവ് വേണ്ട പുനർജന്മത്തിന് ആ എന്താണ് വ്യാവഹാരിക സത്യം അങ്ങനെ ഏഹ് ശരീരം എന്ന് പറയുന്ന പഞ്ചസ്കന്ധം കൂടിച്ചേരുന്നത് ആത്മാവ് വേണ്ടതാണ് പ്രജ്ഞയും സംസ്കാരവും ഈ സൂക്ഷ്മ ശരീരമൊന്നുമില്ല ഈ ഇതങ്ങൾ എല്ലാം കൂടി ചേർന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തോ അതാണ് താൻ ഈ ഞാൻ എന്ന് പറയുന്ന ആത്മാവില്ല ായോ ഞാനെന്ന് പറയുന്നിടത്ത് ബോധവും ശരീരവും സംസ്കാരവും എല്ലാം കൂടെ കൂടിച്ചേർന്നിരിക്കുന്ന ഒന്നാണ് ഒരു മൺകുടം പോലെ ഇതിനകത്ത് ബോധം ഉണ്ടെന്നേ ഉള്ളൂ ഇത് നശിച്ചുപോയി കഴിഞ്ഞാൽ വീണ്ടും ഇനിങ്ങനെ ആവർത്തിച്ചു പുതിയത് ഉണ്ടാവും ഏഹ് അതിനാണ് സംഘാതം എന്ന് പറയുന്നത് ഒരു സംഘാതമാണ് കൂടിച്ചേർന്നിരിക്കുന്നത് അതിന്റെ അകത്ത് ആത്മാവെന്ന് പറയുന്നൊരു സാധനം ഇതൊരു സംഘാതം ഇത് പിരിഞ്ഞു പോയി വേറൊരു സംഘാതം ഉണ്ടാവും അതാണ് പുനരുജ്ജന്മം തന്നെയാണോ ബോധവൊന്നുമില്ല അങ്ങനെ പിരിഞ്ഞു പോയാൽ ഇത് ശരീരം പിരിഞ്ഞു കഴിഞ്ഞാൽ ബോധവും പോയി ബോധവും പിരിഞ്ഞു ഏഹ് ഒന്നുമില്ലാതാകുന്നില്ല ഈ പിരിഞ്ഞ വസ്തുക്കൾ അതായത് നമുക്ക് ഒരു രഥത്തെ പൊളിച്ചു കഴിഞ്ഞു എന്ത് എന്ത് ശേഷിക്കും അവിടെ അതിന്റെ അവശിഷ്ടങ്ങളെയാണ് വീണ്ടും അതിനെ കൂട്ടിച്ചേർത്താൽ വേറൊരു രഥം ഉണ്ടാവില്ല ഇങ്ങനെ കൂട്ടിച്ചേർക്കുന്നു പിരിക്കുന്നു കൂട്ടിച്ചേർക്കുന്നു പിരിക്കുന്നു അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു ഇതിനാണ് പുനർജന്മം എന്ന് പറയുന്നത് അങ്ങനെ കൂട്ടിച്ചേരുമ്പോ അവിടെ ബോധം ഉണ്ടാകുന്നു പിരിയുമ്പോ അത് ഇതാണ് നാഗാർജുനം പറയുന്നു അല്ല പ്രത്യേകിച്ച് ആത്മാവിന്റെ ആവശ്യമില്ല ആത്മാവൻ സഞ്ചയിച്ചു ഉം കർമ്മിച്ചു സഞ്ചയിച്ചൊന്നും വയ്ക്കേണ്ട കാര്യമില്ല കർമ്മഫലത്തെ സഞ്ചയിച്ചു വയ്ക്കേണ്ട കാര്യമില്ല കാരണം ഇപ്പോ എല്ലാ വസ്തുക്കൾക്കും സംസ്കാരം ഉണ്ടാകും എല്ലാ വസ്തുക്കളിലും അതിന്റെ ആ സംസ്കാരം ഉണ്ടാകും അപ്പോ അതുകൊണ്ട് ആ സംസ്കാരമുള്ള വസ്തുക്കൾ കൂടി ചേരുമ്പോഴത്തേക്ക് വേറൊരു വസ്തു ആവും സംസ്കാരം ആ വസ്തുക്കളിൽ തന്നെ ആയിരിക്കും സംസ്കാരം എന്ന് പറയുന്ന വസ്തുക്കൾ തന്നെ ഇരിക്കും പിരിയുന്നു കൂടിച്ചേരുന്നു പിരിയുന്നു കൂടിച്ചേരുന്നു അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അവിടെ കൂടിച്ചേരുമ്പോഴത്തേക്ക് പിന്നെ അദ്വൈതികൾ പറയുന്നത് എന്താണ് ഒരാത്മാവുണ്ട് അത് പുതിയ ശരീരത്തെ എടുക്കുന്നു വീണ്ടും അതിനെ കളയുന്നു വേറെ ശരീരത്തെടുക്കുന്നു അങ്ങനെ പോകുന്നു എന്നാണ് പറയുന്നത് ശരീരം ഉണ്ടാകുന്നു നശിക്കുന്നു എന്നു പറയുന്നത് ശരിയാണ് അതിന് ആത്മാവിന്റെ ആവശ്യമില്ല അദ്വീതിയുള്ള ആത്മാവിനെ കൊണ്ടുവരുന്ന ആൾക്കാരെ പറ്റിക്ക എങ്ങനെ പറ്റിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അതും നശിച്ചു പോകുന്നതാണ് മരിക്കുമ്പോ അതും നശിച്ചു പോകും എല്ലാം നശിക്കുകയും ഉണ്ടാവുകയും ചെയ്യുന്നതാണ് കൂടിച്ചേരുന്നതാണ് സ്ഥായിയായി ഒന്നുമില്ല അദ്വൈതികൾ ഈ ആത്മാവിനെ കൊണ്ടു വന്നത് മീമാംസ ഒരു ആത്മാവിനെ കൊണ്ടു വന്നതാണ് മീമാംസര ആത്മാവിനെ കൊണ്ടു വന്നത് എന്തിനാന്ന് വെച്ച് കർമ്മം ചെയ്താൽ സ്വർഗം എന്നിട്ട് ഇവരെ കൊണ്ട് ഒരുപാട് പണം ചെലവഴിച്ച് ദക്ഷിണ വാങ്ങിയിട്ട് കർമ്മങ്ങൾ ചെയ്യിച്ചു സ്വർഗത്തിന് അപ്പോ ഈ ആൾക്കാർ ചോദിച്ചു കർമ്മം ചെയ്താൽ അങ്ങനെ സ്വർഗ്ഗം കിട്ടും ഞങ്ങൾ ചത്തുപോകുമല്ലോ പിന്നെ എങ്ങനെയാ സ്വർഗ്ഗത്ത് പോകുന്നു പറയും നിങ്ങൾ ചത്തുപോയാലും ചാകാത്തൊരാത്മാവുണ്ട് അത് സ്വർഗ്ഗത്ത് പോയി അതിന് സ്വർഗ്ഗം കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ജനങ്ങളത് വിശ്വസിച്ചു അങ്ങനെയാണ് ഈ ആത്മാവ് ഉണ്ടാകുന്നത് വേദത്തിൽ ആണ് ഈ ആത്മാവ് ഉണ്ടാകുന്നത് ഇങ്ങനെ ഉണ്ടാക്കിയത് അല്ലാതിനകത്ത് വേറെ ഒരു അടിസ്ഥാനം അല്ലെങ്കിൽ ഇതിനൊരു സമാധാനം പറയണ്ടേ നിങ്ങൾ ഇവിടെ ഈ ഇവിടെ വലിയ യാഗങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പണം ചെലവാക്കി യാഗം ചെയ്താൽ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം കിട്ടും അപ്പൊ അതൊരു സ്വാഭാവികമായിട്ട് അങ്ങനെ സ്വർഗം കിട്ടും അപ്പം ആത്മാവ് മരിക്കാത്ത ഒരു സാധനം ഉണ്ട് എന്താണോ ആത്മാവ് അപ്പോ സ്വർഗം അങ്ങനെ കിട്ടും അതിന് സംസ്കാരം ഉണ്ട് അപ്പൊ സംസ്കാരവും ആത്മാവ് നശിക്കുന്നുണ്ട് അതവിടെ പോയി സ്വർഗമൊക്കെ അനുഭവിച്ചു പിന്നെ പിന്നെ തിരിച്ചു വരുമ്പോ വീണ്ടും നിങ്ങള് കർമ്മം ചെയ്യണം ആത്മാവെന്ന് പറയും തിരിച്ചു വന്ന ഞങ്ങൾ എന്ത് ചെയ്യണം പോയിട്ട് വീണ്ടും കർമ്മം ചെയ്യണം വീണ്ടും കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും എന്തു ചെയ്യും ഈ ആത്മാവ് സ്വർഗത്തു പോവും വീണ്ടും കർമ്മ ഫലം അനുഭവിക്കും ഇത് അദ്വൈതങ്ങൾ മാത്രമല്ല ബൈബിളിലും ഖുറാനിലും എല്ലാത്തിനും പറയുന്ന ആത്മാവ് പറയുന്ന ഒരു ശുദ്ധ തട്ടിപ്പ ഈ ആൾ പുരോഹിതന്മാർ ആൾക്കാരെ വേണ്ടി ഉണ്ടാക്കിയ ഒരു കള്ളക്കഥയാണ് ഈ ആത്മാവ് അതാണ് നാഗാർജുനം പൊളിച്ചു കൊടുത്തത് മനസിലായോ ആ അതുകൊണ്ടുവരും അവർക്കല്ലേ അത് പാരമ്പര്യമായി ഓരോരുത്തരും പറഞ്ഞു വന്നേന ഗുരുവും പറയും ഗുരുവിനെ ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി പറഞ്ഞു അല്ല ഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ ജനങ്ങള് ജനങ്ങൾ ഓരോ വഴിക്ക് പോകുന്നു അതനുസരിച്ച് ഞാനും കൂടെ പോയെന്നെന്റേ പറഞ്ഞ വഴിക്ക് ഞാനും പോയി എത്രയും സ്ഥലം പറഞ്ഞിട്ടുണ്ട് ഇനി ഇവർക്ക് വേറെയാണ് ആവശ്യമൊക്കെ ഞാൻ എന്റെ കൂടെ തന്നെ അന്ന് എനിക്ക് ഇതുവരെ അതെന്റെ അവസാനം ഗുരു എന്ത് വെച്ചത് വളക്കെടുത്ത് വെക്കുകയും കണ്ണാടി വെക്കി സത്യം ധർമ്മം ദയാ എന്നൊക്കെ പറഞ്ഞത് ഇതൊക്കെയാണ് ആത്മാവ് എന്ന് ഗുരു അവസാനം വച്ച എന്ന് കൊണ്ട് മനുഷ്യൻ മാറി ചിന്തിക്കാൻ വേണ്ടിട്ടാണ് മാറി ചിന്തിക്കാൻ വേണ്ടിട്ടാ അതെന്റെ അവസാന സമയത്ത് പറഞ്ഞു ഇതൊക്കെ ആർക്കറിയാം പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ആർക്കറിയാന്ന് നമ്മളെല്ലാം കിടക്കണം ഉറക്കം പോയാണ്ട് പരസ്യമായിട്ടൊന്നും പറയരുത് അടിയിട്ടില്ല നമ്മളീ മുറിക്കാത്തരും സംസാരിക്കാനേ പറ്റൂ പൊറത്തിറങ്ങി പറയരുത് ജനങ്ങൾക്ക് ഇതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല പക്ഷെ നാഗാർജുനൻ പറഞ്ഞത് അത്ര രണ്ടായിരം വർഷം മുമ്പ് പറഞ്ഞതാ എന്താണ് ആത്മാവെന്ന് പറയുന്ന ഒരു സാധനമില്ല അങ്ങനെ സത്യമായിട്ടൊന്നില്ല ഇത് വെറുതെ ഇങ്ങനെ മനുഷ്യൻ കല്പിക്കുന്നതാണ് ഇവിടെ എല്ലാം കൂടി ഇന്ന് എന്താണോ നാഗാർജുനന്റെ ഈ സിദ്ധാന്തമാണ് ഇന്ന് മോഡേൺ സയൻസുമായിട്ട് ഏറ്റവും യോജിച്ചിരിക്കുന്നത് മോഡേൺ സയൻസ് ഏറ്റവും ോജിച്ചിരിക്കുന്നത് മൊറിയൻ സയൻസ് എന്ന് പറയുന്നില്ല പക്ഷെ അതിനോട് യോജിച്ച് ചെയ്യുന്ന നാഗാർജുനന്റെ സിദ്ധാന്തമാണ് ആർക്ക് ഇപ്പം ഈ പുസ്തകം കുറേ പേപ്പർ കൂടി ചേർന്നതാണ് എന്ന് പറഞ്ഞാൽ ആർക്കതിനു നിഷേധിക്കാൻ പറ്റുന്നു ഒരു പേപ്പർ അതിനകത്തുള്ള പല ഭാഗങ്ങൾ കൂടി ചേർന്നതാണ് ഇതാർക്ക് നിഷേധിക്കാൻ പറ്റും അതിനകത്ത് സനാതന സത്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മരിച്ചുപോയി കഴിഞ്ഞാൽ നാഗാർജുനും പറയുന്നതെന്താണ് ഇതെല്ലാം പോയി പിന്നെ അതിൽ അതിൻ്റെതായ അംശങ്ങൾ കാണും മനസിലായോ ഇതിന്റെ ആ ഭൂതങ്ങളിൽ അതിൻ്റെതായ പ്രത്യേകതകൾ കാണും സ്വഭാവവാദം ഇപ്പൊ അഗ്നി അഗ്നി എന്ന് പറയുന്നതിന്റെ സ്വഭാവമാണ് ഉഷ്ണം എന്ന് പറയുന്നത് നാഗാംഗുണം പറയുന്ന എന്താണെന്ന് അറിയാം ഇന്നത്തെ ഭാഷ പറയണെങ്കിൽ തീ എന്ന് പറയുന്നത് എന്താണ് ഓക്സിജൻ പിന്നെ വരാഗ് ഫ്യൂവൽ ഓക്സിജൻ ഫ്യൂവൽ ഹീറ്റ് ഈ മൂന്നെണ്ണം കൂടി ചേരുന്നതാണ് നമ്മൾ കാണുന്ന ഫ്ലെയിം തീ ഈ മൂന്നെണ്ണൊന്ന് പിരിച്ചു കഴിഞ്ഞാൽ തീയുണ്ട പിന്നെ എവിടെ തീ മൂന്നൊന്ന് മാറ്റുക ഏതെങ്കിലും ഒന്നും മാറ്റിയാതെ തീ ഇല്ല അപ്പോ ആത്മാവെന്ന് പറയുന്നത് തീ പോലെയണന്ന് പറഞ്ഞാൽ പിരിച്ചു കഴിഞ്ഞാൽ പിന്നെ തീയുണ്ടോ എവിടെയാണോ തീ ഉണ്ടാകുന്നത് അവിടെയെല്ലാം ഈ മൂന്ന് സാധനങ്ങളുണ്ട് എന്തൊക്കെയാണ് ഫ്യുവല് ഓക്സിജൻ ഹീറ്റ് ഈ മൂന്നുണ്ടെങ്കിൽ അവിടെ തീ ഉണ്ടാവും ഫ്യൂവൽന്ന് വെച്ചാൽ പെട്രോളോ വിറവോ എന്ത് വേണോ ആകാം പ്രവാഹം ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചൂട് പിന്നെ ഓക്സിജനും വേണം ഇത് മൂന്നുണ്ടെങ്കിൽ തീ ഉണ്ടാവും മനസിലായോ ഈ പ്രപഞ്ചത്തിന് ഭൂമിയിൽ മാത്രമേ മനുഷ്യരെ തീ കണ്ടിട്ടുള്ളൂ പേരോടത്തും തീ ഇല്ല അതറിയാമോ മനുഷ്യൻ തീ കണ്ടെത്തിയത് ഭൂമിയിലാണ് അതുകൊണ്ടാണ് ഭൂമിയിൽ ജീവനുള്ളത് വേറെ ഒരു ഗ്രഹങ്ങളിലും തീയില്ല ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഇല്ലാത്ത കേട്ടിട്ടുണ്ടോ സോക്സ അത് തീയല്ല അത് എന്താണ് ഇതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ കൊണ്ട് അവിടെ ഹീറ്റ് ഉണ്ടാവുന്നതാണ് തീ ഇല്ല അവിടെ എനർജിയാണത് ഇതെന്ന് വെച്ചാൽ എനർജി എനർജി ഉണ്ടാവുന്ന എനർജി ഉള്ളിടത്തെല്ലാം തീ വേണമെന്നില്ല തീ ഇവിടെയുള്ളു അവിടെ വലിയ എനർജി ഉണ്ടാവുന്നു തീ ഭൂമിയിലേ ഉള്ളൂ അപ്പോൾ തീയെന്ന് പറയുന്നത് എന്താണ് അത് അതിൻ്റെ സ്വഭാവമാണ് അത് പ്രകാശമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂടിച്ചേർന്നുകൊണ്ടാണ് ഈ മൂന്ന് സാധനങ്ങളില്ലാതായ തീ ഇല്ല അല്ലെ തീ അണഞ്ഞു പോകുന്നു ഹീറ്റ് നഷ്ടപ്പെടും വെള്ളം കോരി ഒഴിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ഹീറ്റ് നഷ്ടപ്പെടും പിന്നെ തീ ഇല്ല അത് കത്തി തീർന്നു കഴിഞ്ഞാൽ തീ ഓക്സിജൻ നഷ്ടപ്പെടും നമ്മളുടെ സാധനം വെച്ച് തീ അണയ്ക്കുന്ന സാധനം ഉണ്ടല്ലോ കാർബൺ ഡയോക്സൈഡ് ആണ് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ തീ ഇല്ല അപ്പൊ തീയെന്ന് പറയുന്നത് കൂടിച്ചേരുന്നതാണ് മിന്നലുണ്ടാവും തീ അതൊക്കെ അലർജി തീ എന്ന് പറയുന്ന ഭൂമിയിലുള്ളു ഓക്സിജൻ വന്നിട്ട് ഭൂമിയിൽ വന്ന ഓക്സിജൻ എവിടെ ഉണ്ടോ അവിടെ തീ ഉണ്ടാവും ഓക്സിജൻ തീ വലിയ വർഷത്തെ ഉം ആ കത്തി അത് കൂടുതൽ കൂടുതൽ എന്തുണ്ട് കൂടുതൽ ഹീറ്റ് ഉണ്ടെങ്കിൽ അതിപ്പോ സാറിന് അടുപ്പിലോ അങ്ങനെയാണല്ലോ കൊറച്ച് വെള്ളം എടുത്തൊഴിച്ചാ അണഞ്ഞില്ലാന്നെങ്കിൽ കൂടുതൽ വെള്ളം ഒഴിച്ചാണെങ്കിൽ അതിന് വെട്ടുന്നതിന്റെ അത് വരെ കാര്യമില്ലല്ലോ അത് സംഭവിക്കും ആയിരിക്കുന്ന സാധനത്തില് എന്താണ് വെള്ളം ചൂടാക്കുന്നു അതിനകത്ത് ഹീറ്റുണ്ട് പക്ഷെ അതിന്റെ അകത്ത് തീ ഇല്ല തീയുണ്ടെങ്കിൽ അത് കത്തിപ്പോകും അതിനകത്ത് ഇരിക്കലും തീ ഉണ്ടാകത്തില്ല ഹീറ്റേ ഉള്ളൂ ഹീറ്റ് വരേണ്ട തീ പക്ഷെ ഹീറ്റിനോടൊപ്പം എന്ത് വേണം ഓക്സിജനും ഫ്യൂലും വേണം എന്നാലേ തീ ഉണ്ടാകത്തുള്ളൂ അതല്ല ഹീറ്റുള്ളടത്തെല്ലായിടത്തും തീ ഉണ്ടായാൽ നമ്മുടെ പല സാധനങ്ങളും കത്തിപ്പോകും ഇതിൻ്റെ അകത്ത് ഹീറ്റുണ്ടാവും കറങ്ങുമ്പോൾ തീ ഉണ്ടാകത്തില്ല മനസിലായോ അതിനുള്ള ഫ്യൂല് അവിടെ ഇല്ല ഉണ്ടെങ്കിൽ കത്തിപ്പോ അതാണ് ഷോർട്ട് സർക്യൂട്ട് ഒന്ന് വീടുകൾ തീ പക്ഷെ അതെന്താണ് സംഘാതമാണ് പിരിച്ചു കഴിഞ്ഞാൽ തീർന്നു അപ്പൊ നിങ്ങളുടെ ഉള്ളിൽ ബോധം ഉണ്ടെന്ന് വെച്ചാല് കൂടി ചേർന്നതാണ് ഇതങ്ങ് പിരിഞ്ഞു പോയാൽ പിന്നെ ബോധമില്ല പിന്നെ ഇവിടെ ആത്മാവ് ഞാൻ പറയുന്നില്ല നാഗാർജുനും പറയുന്ന നാഗാർജുനും പറയുന്നതാണോ ശരി അതേ ബാക്കിയുള്ളവർ പറയുന്നതാണോ ശരി ാണ് നാഗാർജുനെ ഒരു ഫിലോസഫറായി നാഷവിടെ പോയി ഫിലോസഫറായി എല്ലാരും അംഗീകരിക്കുന്നു മനസിലായോ അപ്പൊ ഇവിടെ ഭവനികാരം പറയുന്നത് നാഗാർജുനും ശൂന്യദേ സത്യംന്ന് പറയുന്നത് അങ്ങനെ നാഗാർജുന പറഞ്ഞിട്ടേ ഇല്ല ശൂന്യത സത്യം എന്ന് പറയുന്നു സത്യം എന്നൊന്നില്ലെന്നാണ് നാഗാർജിന്റെ വാദം സത്യമേ ഇല്ല സർവം ക്ഷണികം ക്ഷണികം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനെ വ്യാഖ്യാനിച്ചാണ് ഇങ്ങനെ ആക്കിയത് പക്ഷേ ബുദ്ധൻ അങ്ങനെയാണ് സ്വീകരിക്കുന്നത് ബുദ്ധൻ ഒരിക്കലും പറയുന്നത് ശങ്കരായു പറയുന്ന അദ്വൈതമല്ല അതൊക്കെ പറയുന്നുണ്ട് മൂല്യങ്ങളെ കുറിച്ചും സദാചാരത്തെക്കുറിച്ചും അഹിംസയെ കുറിച്ചും അനുകമ്പയെ കുറിച്ചും അതൊക്കെ ബുദ്ധൻ പറഞ്ഞത് എല്ലാവരും സ്വീകരിക്കുന്നു ഗുരു പറയുന്നത് പോലെ എന്താണോ നിത്യമായ ആത്മാവ് അദ്വൈതീപിയിലൊക്കെ പറയുന്നില്ലേ അതൊന്നും ബുദ്ധന അംഗീകരിക്കുന്ന കാര്യമില്ല ബുദ്ധൻ പറഞ്ഞത് ഗുരുവിനും അംഗീകരിക്കാൻ പറ്റത്തില്ല ആ ഒരു ഭാഗം വരുമ്പോൾ ബോധം അത് ഇതെല്ലാം കൂടെ കൂടിച്ചേരുമ്പോ ബോധമുണ്ടാവും എങ്ങനെ നേരത്തെ പറഞ്ഞത് ഹീറ്റും ഫ്യൂവിലും ഓക്സിജൻ കൂടി ചേരുമ്പോൾ തീയ്യുണ്ടാവും പോലെ അതെല്ലാം കൂടിച്ചേരുമ്പോൾ ഉണ്ടാവുന്നതാണ് അല്ലെങ്കിൽ അവയവങ്ങളെല്ലാം കൂടിച്ചേരുമ്പോൾ രഥം ഉണ്ടാവുന്ന പോലെ അതിൽ നിന്ന് വേറെയല്ല ഇത് തന്നെയാണ് അങ്ങനെ കാണുന്നത് ഇതാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം സംഘാതങ്ങളാണ് അത് എന്നുവെച്ചാൽ ഒരു താർക്കിക യുക്തിയിലൂടെ പറയുന്നു ഇന്നത്തെ പോലെ സയന്റിഫിക്കായി പറയുന്നല്ല ഒരു ലോജിക്കലായി പറയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് സയൻസല്ല ഒരു ലോജിക്കാണ് ലോജിക്കലായി പറയുന്നു അതുകൊണ്ട് സത്യത്തെ അംഗീകരിക്കുന്ന ആളല്ല അദ്ദേഹം പഞ്ചഭൂത സംഘാതം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വേറിട്ട ആത്മാവ് ഉണ്ടെന്ന് പറയും അവിടെ കുഴപ്പം അപ്പൊ ഈ നാഗാർജുനൻ പറഞ്ഞു കഴിഞ്ഞ പ്രപഞ്ചത്തെ സിദ്ധാന്തത്തെ എടുത്തിട്ട് അതിന്റെ അകത്ത് സ്ഥിരമായ ഒരു ആത്മാവിനെ കൂടെ ചേർത്തിട്ടാണ് മാഡൂക്കിയ കാര്യം ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്ന ഭാഗമെല്ലാം ഈ നാഗാർജുനും പറഞ്ഞതന്നെ ആത്മാവ് കൂട്ടിച്ചേർത്തു അതിനെ വളർത്തി വലുതാക്കിയാണ് ശങ്കരാചാര്യർ അദ്വീതത്തെ ഉണ്ടാക്കിയത് മനസിലായ പിന്നെ നാഗാരുജുനം പറയുന്ന ഇതാണ് ഈ സംസാരം തന്നെയാണ് നിർവ്വാണം നിർവ്വാണം തന്നെ സംസാരം എന്ത് വേണം നമ്മുടെ അവിദ്യ അനുഷ്ഠമാണ് നമ്മുടെ ബോധത്തിന് തെളിച്ചുണ്ടാകാതി നമ്മുടെ കാഴ്ചപ്പാട് മാറിയാൽ മതി അതാ വേറെ നിർവ്വാണോ ആത്മാവ് അതിന്റെ അങ്ങനെ ഒന്നുമില്ല ഗുരു പറയുന്ന എന്താണ് ആത്മാവിന്റെ നിർവ്വാണോ അതാണ് ഗുരു പറയുന്നത് വളരെ ആത്മാന ക്ഷീരവത്യാദി രൂപാന്തരം ആത്മാവ് പരിണമിക്കുന്ന അങ്ങനെ പരിണമിക്കാത്ത ഒരു ആത്മാവിനെ നാഗാർജുന അംഗീകരിക്കുന്നു എന്താ മാറുന്നതാണ് സമാധി എന്നൊക്കെ പറയുന്നത് ആർക്കും ഉണ്ടാവാം അതെല്ലാം എന്താണ് മനസ്സ് ക്ലിയർ ആയി കഴിഞ്ഞാൽ സമാധി അതൊക്കെ നാഗാർജുനും അംഗീകരിക്കും നിർവ്വാണം അതൊക്കെ സംഭവിക്കാം പക്ഷെ അതൊന്നും എന്താണ് ആത്മാവിന് തെളിവല്ല അതൊക്കെ മനസ്സിൽ വരുന്ന മാറ്റങ്ങളായിട്ട് അംഗീകരിക്കും സമാധി ആ അതൊക്കെ ഇത് തന്നെയാണ് ഈ ജ്ഞാനം തെരഞ്ഞിരിക്കുന്നു ഇവിടെ ഈ ഭാവധികാരം പറഞ്ഞ ശരിയല്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം എന്താണ് സത്യമായ ഒരാത്മാവില്ല സത്യമായ ഒന്നുമില്ല ചരവകൻ പറഞ്ഞ ഇത് തന്നെയാണ് സത്യമായൊന്നുമില്ല എല്ലാം കൂടി ചേർന്ന് പിരിയുന്നു അത്രയോ പക്ഷെ ഗുരുവനെല്ലാം സ്വീകരിച്ചിരിക്കും ഗുരു പാരമ്പര്യമായ അദ്വൈതത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത് വ്യത്യാസങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ പുറത്തിറങ്ങുമ്പോ എല്ലാം പിരിച്ചു പറയാനൊന്നും പോകണ്ട ആൾക്കാർ കല്ലെടുത്ത് എറിയുകയൊക്കെ അങ്ങനൊന്നും എന്താണ് അങ്ങനെയുള്ള ഇതൊക്കെ ചിന്തിച്ചാലും പഠിച്ചാലും ഒക്കെ മനസ്സിലാക്കാൻ ശേഷിയുള്ള ആൾക്കാരാണെങ്കിൽ അവരുടെ അടുത്ത് പറയാം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ അതുപോലെയുള്ള കുറച്ചുപേര് ഇതെ കുറിച്ചൊക്കെ വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാൽ അവര് അതൊക്കെ മനസ്സിലാക്കും അങ്ങനെയുള്ള ആൾക്കാരൊന്നു കിട്ടുമോ ഗുരുമ പ്രചന സഭയ്ക്കൊക്കെ ചിന്തിക്കുന്നവരെ കിട്ടും ആ അങ്ങനെ ഉള്ളവരടുത്ത് പറയാം കുറച്ചുപേരെ വിളിച്ചിരുത്തിയവരോട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല വലിയ വിശ്വാസികള് ഭക്തന്മാര് അവരോട് നിന്നും പറയാൻ പറ്റും അവരെയൊക്കെ അടുത്ത് സച്ചുദാൻ സ്വാമി ഇട്ടുകൊടുത്തെങ്കിൽ സ്വാമി അവിടെ കലക്കിക്കോളാം അവർക്ക് പറ്റിയത് സ്വാമിയോടെ പൊട്ടി പാടലങ്ങളൊക്കെയാ അവരോട് സംസാരിക്കും ഇതൊന്നും സംസാരിക്കരുത് അല്ലെങ്കിൽ നിങ്ങളും ഇതുപോലെ തുള്ളാനൊക്കെ പഠിക്കണം എന്നിട്ട് ഒരു ഒച്ചപ്പാടുമ്പോളൊക്കെ ഉണ്ടാവണം ആൾക്കാർക്ക് സന്തോഷം ഏത് അയ്യോ ഇതൊന്നും കൊടുക്കരുത് സ്വാമി സത്യനാർ സ്വാരി കവിനാഥ് സ്വാമിങ്ങോട്ട് കൊണ്ടുവരണ്ടേ നമുക്ക് പറ്റിയ ആളല്ലെന്ന് പറഞ്ഞു നാഗാർജുനന്റെ കാര്യമൊക്കെ പറഞ്ഞു അതായത് വളരെ ചിന്താപരമായ രീതിയിലുള്ള കാര്യങ്ങളൊന്നും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല ഭക്തി വിശ്വാസത്തിന്റെ ഭാഗത്തേക്കുന്നവർക്ക് അതേ പറ്റും അവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യം തന്നെയായിരുന്നു സുഹൃത്തായിരുന്നു ഗുരുവിനെ ഗുരുവായി കണ്ടാണ് ശിഷ്യൻ തന്നെയായിരുന്നു പക്ഷെ അയ്യപ്പന്റെ ആ പുതിയ കാഴ്ചപ്പാടുകൾ അതെല്ലാം ഗുരു അംഗീകരിച്ചിരുന്നു അംഗീകരിച്ചു സൗഹൃദ അയ്യപ്പന്റെ കാഴ്ചപ്പാട് ഗുരു അംഗീകരിച്ചു പക്ഷേ വേണ്ട മതം വേണ്ട ദൈവം വേണ്ടി വേണോ സഹോദയം അപ്പം പറഞ്ഞ് വേണ്ട മതം വേണ്ട ദൈവം വേണ്ടി സത്യം വേണം അല്ല സഹോദരൻ അയ്യപ്പനെ ഗുരു പൂർണ്ണമായും അംഗീകരിച്ചിരുന്നു അയ്യപ്പനോട് കൂടി വാട്സാപ്പ് ന്യൂസിനെ ഉണ്ട് കാരണം ഈ എന്താണ് ഇതൊക്കെ പറയുന്ന ശിഷ്യന്മാരെക്കാളും എത്രയോ ഭേദപ്പെട്ട ആളാണ് സഹോദരൻ അയ്യപ്പനെന്ന് ഗുരുവിന് മനസിലായി അതുകൊണ്ടാണ് സത്യമുള്ള മനുഷ്യൻ നേർമയുള്ള മനുഷ്യൻ അതുകൊണ്ട് ഒരുപാട് എന്താണോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസ എന്നാൽ ഗുരുവിനോടുള്ള ബഹുമാനത്തിൽ ഒരു കുറവുമില്ലായിരുന്നു ഗുരുവിനെ അംഗീകരിച്ചിരുന്നു ഗുരുവിന് പല സവിശേഷതകളും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ആളാണ് ഗുരുവിന് ഭക്തി വിശ്വാസം ഉണ്ടായിരുന്നയാളുമാണ് ഇപ്പൊ ഗുരുവിനെ തിരിച്ച് വാത്സല്യം ഗുരുവിന്റെ ശിഷ്യനായി തന്നെയായിരുന്നു പുള്ളിയെപ്പോഴും പറഞ്ഞത് സ്വയം ഓക്കേ ആയിരൊന്നു കഴിഞ്ഞു ആ